ക്ഷണം <coughs> സാദേ പൂർവക്ഷത്തെ കാണിക്കാനാണ് ഒരു അധ്യാസ സംഭവിക്കുന്നിടത്ത് രജിസർപ്പം ശക്തികാര രജതം ഇവിടെ എല്ലാം ആ സർപ്പത്തെ ആരോപിക്കുന്നതിന് പൂർവപ്രതീതി മാത്രം ഉപയോഗിച്ചത് മുമ്പ് അതിനെ കണ്ടിരിക്കണം അത്രേ ുമ്പ് അതിനെ കുറിച്ചുള്ള അറിവുണ്ടായി സർപ്പത്തെ അറിഞ്ഞവനെ സർപ്പത്തെ ആരോപിക്കാൻ പറ്റൂ രജതത്തെ അറിഞ്ഞവനെ രജത്തെ ആരോപിക്കാൻ പറ്റും അപ്പോൾ പ്രത്യക്ഷമായിട്ടോ ഏതെങ്കിലും തരത്തിൽ അത് സമ്മതിക്കാം അതാണ് പൂർവ പ്രതീതി മാത്രം ഉപയോഗിച്ചത് മാത്രം അതിനാണുള്ള പ്രാധാന്യം മുമ്പ് കണ്ടിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേയുള്ളൂ ആരോപിക്കുന്നതിന് മാനസ്യ പരമാർത്ഥസത്ത പക്ഷേ എന്താണ് അങ്ങനെ അറിഞ്ഞ വസ്തു യഥാർത്ഥമായിരിക്കണമെന്ന് നിയമമില്ല അങ്ങനെ അറിഞ്ഞ വസ്തു യഥാർത്ഥമായിരിക്കണമെന്ന് നിയമം ഇല്ല ഞാൻ മുമ്പ് ഒരു സർപ്പത്തെ കണ്ടു ഇപ്പൊ സർപ്പത്തെ കാണുന്നു അപ്പൊ ് കണ്ടിരിക്കണം പക്ഷെ കണ്ടത് എന്താണ് അത് യഥാർത്ഥമായിരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വ്യവഹാരികമായൊരു സത്യമുള്ളതാണ് എന്ന് നിർബന്ധമില്ല അപ്പോൾ മുമ്പ് കണ്ടതും മിഥ്യയാകാം മുമ്പ് ഞാൻ കണ്ട സർപ്പവും മിഥ്യാവാം മുമ്പ് ഞാൻ കണ്ട രചതവും മിഥ്യയാകാം എങ്ങനെ മിഥ്യയാകും കാരണം വരുമ്പോ ഒഴികെ ബാക്കിയെല്ലാം മിഥ്യാണ് കണ്ടതും മിഥ്യമാണ് അപ്പം അത് കണ്ടു ഇപ്പം ഞാൻ വീണ്ടും ആരോപിക്കുന്നു ഇതും മിഥ്യ തന്നെയാണ് അതൊക്കെ സമ്മതിക്കാം എന്നാൽ പ്രതീതി രേവതു അത്യന്ത അസതോ ഗനകമലിനീ കൽപസ്യ ദേഹേന്ദ്രിയാദിയുടെ നോക്കു പൂർവ്വക്ഷി പറയുന്നത് എന്താണ് മുമ്പ് കണ്ടത് മിഥ്യയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പറയുന്ന ഈ ദേഹേന്ദ്രിയാദികളെല്ലാം അസത്വം എന്നാ പറയുന്നത് സത്യ അനൃതയോർ മിഥിനീ സത്താകുമ്പോ ഇതെങ്ങനെ പ്രതീതിക്ക് വിഷയമാകും അസത്തെന്ന് വെച്ചാൽ ആകാശകുസു അസത്താണെങ്കിൽ അത് ആകാശ കുസുവും പോലെ അപ്പോ ഒരിക്കലും അത് പ്രതീതിക്ക വിഷയം ആകത്തില്ല പ്രതീതിരേവതം അത്യന്ത അസത്വവും അത്യന്ത അസത്തായിരിക്കുന്ന എന്താണ് ഈ ദേഹേന്ദ്രിയാദികളുടെ അതിനസത്തായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതീതി എങ്ങനെ ഉണ്ടാവും എന്നുവെച്ചാൽ മുമ്പ് എങ്ങനെ അനുഭവം ഉണ്ടായി ഇപ്പോഴത്തെ ഈ ദേഹേന്ദ്രിയാദികളെല്ലാം ആത്മാവിൽ ആരോപിച്ചതാണെങ്കിൽ മുമ്പ് ഇത് അറിയണ്ടേ എപ്പോഴെങ്കിലും അറിഞ്ഞല്ലേ ആരോപിക്കാൻ പറ്റും അത് പറഞ്ഞെന്താണ് മുമ്പ് അറിഞ്ഞാണ് അത് അനാദിയാണ് പൂർവപൂർവ്വ ജന്മങ്ങളിൽ അറിഞ്ഞാണ് അനാദിയായിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്ന എങ്ങനെ പറയാൻ പറ്റും കാരണം ഇതിനങ്ങൾ പറയുന്നത് അസത്തന്നാണ് ആകാശകുസു പോലെയാണ് ഒരിക്കലും ഇതിന്റെ പ്രതീതി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇതാരോപിച്ചു എന്നാണ് പുറോക്ഷ ഗഗന കമലിനീകല്പ്യ ആകാശകുസുവും പോലെയാണ് അത്യന്തസതോ ദഹേന്ദ്രിയദി അത്യന്തസത്തായ ദഹേന്ദ്രിയദിയുടെ പ്രതീതി ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ഇതിനെ അധ്യസിക്കാനേ പറ്റത്തില്ല എന്ന് പറയുന്നു ഇത് അനുഭവപ്പെടുന്നു ഇപ്പൊ ഇപ്പൊ എന്തായാലും അനുഭവപ്പെടുന്നുണ്ടല്ലോ ഈ അനുഭവപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യമെങ്കിൽ എന്തുവരുന്നു ഇതൊന്നും അസത്തല്ല പറയാണ് അസത്താണെങ്കിൽ വന്ധ്യാപുത്ര പോലെയാണ് അത് അനുഭവപ്പെടത്തില്ല ഇത് അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്ന ആണെങ്കിൽ ഇത് അസത്താണെന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുന്നതു കൊണ്ട് തന്നെ ഇത് അസത്തല്ല അതിനടുത്ത് പറയാൻ പോകുന്നു പ്രകാശമാനത്വമേവേ ചിതാത്മനോ വിസത്വം ചിതാത്മാവ് സത്വം എന്ന് എന്തുകൊണ്ട് പറയുന്നു പരമാർത്ഥമെന്ന് അത് അനുഭവപ്പെടുന്നു എങ്ങനെ അനുഭവപ്പെടുന്നു ഉള്ളിൽ അഹം എന്നിങ്ങനെ അനുഭവപ്പെടുന്നു ബാഹ്യമായി സത്വം അല്ലെങ്കിൽ ജ്ഞാനരൂപത്തിൽ അല്ലെങ്കിൽ ആനന്ദ രൂപത്തിലൊക്കെ അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് അതിന് സത് എന്നു പറയുന്നത് അപ്പൊ അനുഭവപ്പെടുന്നതാണ് സത്യം എന്ന് പറയണമെങ്കിൽ ദേഹേന്ദ്രിയാദികൾ അനുഭവപ്പെടുന്നുണ്ടോ അപ്പൊ അത് സത്യം എന്ന് പറയേണ്ടി വരും അതാണ് പറഞ്ഞു വരുന്നത് ചിതാത്മനോപി സത്വം പ്രവാശമാനത്തേവനത് തത് അതിരിക്തം സത്താസാമാന്യസ്വമായ അർത്ഥക്രിയാകാരിതാവും അല്ലെങ്കിൽ താർഹികന്മാർ പറയുന്ന പോലെ താർക്കികന്മാർ പറയുന്ന എന്താണ് ആത്മാവ് സത്താണ് എന്തുകൊണ്ട് അത് സാമാന്യം അല്ലെങ്കിൽ സത്ത സമാ സംബന്ധത്തിരിക്കുന്നു ഘടാദികൾ സത്താണ് എന്തുകൊണ്ട് ബൗദ്ധന്മാർ പറയുന്നു അതിൽ അർത്ഥക്രിയാകാരിത്വമുണ്ട് എന്ന് വെച്ചാൽ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും അത് ബൗദ്ധന്മാര് ഇതൊക്കെയാണ് സത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ പറയുന്നു ഇതൊന്നും എന്താണ് ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല ആത്മാവിൽ സമവായ സംബന്ധത്തിൽ സാമാന്യം അല്ലെങ്കിൽ സത്തം ഇരിക്കുന്നു പറഞ്ഞാൽ അവിടെ ദ്വൈതം വരും ആത്മാവ് സത്തർത്ഥം പിന്നെ ഈ പറയുന്ന അർത്ഥക്രിയാകാര്യത്വം എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്താണ് അല്ല അർത്ഥക്രിയാകാരിത്വം എന്ന് പറയുന്നു ഒന്നുകൂടെയിരിക്കുന്നു സഫലപ്രവൃത്തി ജനകത്വവും മറ്റും എന്ന് പറയേണ്ടി അദ്വൈതം വരും അതുകൊണ്ട് ചിതാത്മാവിന്റെ സത്വം ചിതാത്മാവിനെന്ത എന്തുകൊണ്ട് സത്വം എന്ന് പറയുന്നു അതിനെന്ത് പറയേണ്ടി വരും എന്താണോ തൊഴിലി പറയാണ് ചിതാത്മാവിന്റെ എങ്ങനെ പറയേണ്ടി പ്രകാശമാനത ഒന്നു കേൾക്കുന്നില്ല മനസ്സിലാവുന്നു സത്വം എന്ന് പറയേണ്ടി അത് പ്രകാശിക്കുന്നു അതുകൊണ്ട് സത്വം എന്ന് പറയേണ്ടി വരും അറിയുന്നത് ചിതാത്മനോഭി സത്വം ചിതാത്മാവിന്റെ സത്യം എന്ന് പറയുന്നത് എന്താണ് പ്രകാശമാനത്വമേവാ പ്രകാശമാനതയാണ് അല്ലാതെ തത് അതിരിക്ത സ്വാഭാവിക സംബന്ധത്തിൽ സത്തയിരിക്കുന്നു അർത്ഥക്രിയാകാര്യത്വമോ ഒന്നും അവിടെ സ്വീകരിക്കാൻ പറ്റില്ല അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ദ്വൈതാപത്തെ അദ്വൈതിയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ദാർഹികന്മാർക്ക് പറയാം ബൗദ്ധന്മാർക്കും പറയാം അദ്വൈതിക്ക് പറയാൻ പറ്റില്ല ആത്മാവിന് മറ്റൊരു ധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ദ്വൈതം വരും പിന്നെ വേറെയും ദോഷം സത്തായ അർത്ഥക്രിയാകാരി സത്താന്ത അർത്ഥക്രിയാകാരിന്തരകൽപ്പനെ അനവസ്ഥാന പിന്നെ ആത്മാവ് സത്തായിരിക്കുന്ന എന്തുകൊണ്ട് അതിൽ സത്തയിരിക്കുന്നുണ്ട് തർഗികന്മാർ പറയുന്നുണ്ട് അപ്പൊ ചോദിക്കാം ഈ സത്ത എന്തുകൊണ്ട് സത്തയായിരിക്കും അതെന്തുകൊണ്ട് സത്തായിരിക്കുന്നു സത്ത ഇരിക്കുന്നതിനാണ് സത്ത എന്ന് പറയുന്നത് ആത്മാവ് സത്തായിരിക്കുന്നതെന്തുകൊണ്ട് അതിൽ സത്തസമയ സംബന്ധ ചോദിക്കും സത്ത അത് സത്തായിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ദോഷം വരും അനവസ്ഥ അനവസ്ഥ ദോഷം വരും ഇനി ആത്മാവ് എന്തുകൊണ്ട് സത്തായിരിക്കുന്നു അതിൽ അർത്ഥക്രിയാകാരിത്വമുണ്ട് അവിടെയും ചോദിക്കും അർത്ഥക്രിയാകാരിത്വം എന്തുകൊണ്ട് സത്തായിരിക്കുന്നു അതിൽ അർത്ഥക്രിയാകാരിത്വം അവിടെ എന്ത് ദോഷം വരും അർത്ഥക്രിയാ കല്പന അനവസ്ഥ അതുകൊണ്ട് എന്ത് പറയുന്നു പ്രകാശ പൂർവശം പറയുന്നു പ്രകാശമാനതവ്യ െന്ത് സ്വീകരിക്കണം ആത്മാവിന്റെ സത്താന്ന് പറഞ്ഞെന്താണ് പ്രകാശിക്കുന്നു അതുകൊണ്ട് എന്താഷപുര പ്രകാശമാനത്വന്താ അവർ അനുമാനം നടത്തുകയാണ് എന്താണോ ൾ അസത്തല്ല എന്തുകൊണ്ട് പ്രകാശമാനത്വം എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടല്ലോ അദ്വിനി പറയുന്നത് ദേഹത്തെ ആരോപിച്ചിരിക്കുന്നു എന്നാണ് പക്ഷെ ഇത് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ആത്മാവ് പോലെ ഇതുകൊണ്ടാണ് ആരോപ്യമല്ല സത്താണോ ചിതാത്മാവത്വ അല്ല അല്ല ദേഹാദികൾ അസത്താണെന്ന് വാശി പിടിച്ചാലോ അസത്വ പ്രകാശമാനാഹ അസത്വം എന്ന് കഴിഞ്ഞാൽ പ്രകാശിക്കുന്നില്ല എന്നൊരു ഏതുപോലെ ണോ ഓ ഒരു രക്ഷയില്ല ആകാശകുസുമ്പോൾ ആകാശം കുസുമും പ്രകാശിക്കുന്നുണ്ടോ അസത്യുവ ദേഹാദികളെ അസത്തായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ന പ്രകാശമാനാഹ അത് പ്രകാശിക്കില്ല ആകാശകുസുമ്പോലായിപ്പോ കഥം സത്യാണ് ഇതിനു വിഭാവ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സത്യവും അനുദവും നമ്മൾ മിഥിനീഭാവവും എന്ന് പറയുന്നത് ദേഹാദികളുടെ അനർദം അല്ല അനുദം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അസത്താണ് അസത്വം എന്ന് വെച്ചാൽ അനുഭവത്തിന് വിഷയമാകത്തില്ല അത് വന്ധ്യാപുത്രനാണ് അതാണ് പൊറുവിഷ് ചോദിക്കുന്നത് പിന്നെ സത്യാനും മിഥിനീ ഭാവ തത് അഭാവേവാ കസ്യകു നേരത്തെ പറഞ്ഞല്ലോ മിഥിനീഭാവം വന്നാൽ എന്ന് വരത്തുള്ളൂ ഭേദാഗ്രഹം ാണ് പറയുന്നത് മിഥി സത്യ മിഥിനി ഭാവി കസ്യ പുതോ ഭേദാഗ്രഹം ഏതിന് ഏതിൽ നിന്നുള്ള ഭേദാഗ്രഹമാണ് നിങ്ങൾ പറയുന്നത് തഥസംഭവ അതൊന്നും നടന്നില്ലെങ്കിൽ പുതുവദ്ധ്യാസ പിന്നെ അധ്യാസം ഒന്ന് സംഭവിക്കും എന്നാണ് ഇത്യാശയവാൻ ആഹാ അതാണ് മൂലത്തിൽ ഭാഷ്യത്തിൽ ശങ്കരാചാര്യ എഴുതിയിരിക്കുന്നു ആഹ കോയം ചോദ്യം ചോദ്യം ആക്ഷേപ്തെന്നുവെച്ചാ പൂറോക്ഷി ആഹ ആക്ഷേപ്ത കോയം അധ്യാസോ നാമ പൂറോക്ഷി ചോദിക്കുന്നു കോയം അധ്യാസോ നാമ എന്താണ് ഈ അധ്യാസം എന്നുവെച്ചാ അതിന്റെ ലക്ഷണവും പ്രമാണവും എല്ലാം പറയണമെന്നർത്ഥം സിദ്ധാന്തി പറയുന്നുരൂപ അതാണ് ഇതിനെന്ത് പറയുന്നത് സ്മൃതിരൂപ പരത്ര ഇതുവരെ വന്ന ഒന്നും വാദമല്ല ഇനി ഇവിടെ നിന്നുവരാണ് അങ്ങോട്ട് വാദം തുടങ്ങുന്നത് മനസ്സിലായി ലോകസിദ്ധം അധ്യാസലക്ഷണം ആചക്ഷാണ ആക്ഷേപം പ്രതിക്ഷിപതി സമാധാത സമാധാനം പറയുന്ന ആള് ലോകസിദ്ധം അധ്യാസലക്ഷണം അജക്ഷാണേവ ലോകപ്രസിദ്ധമായ അധ്യാസത്തിൻ്റെ ലക്ഷണം പറയുന്നവൻ ആചക്ഷാണ് സമാധാത ആക്ഷേപം പ്രത്യക്ഷിപതി ആക്ഷേപത്തിന് മറുപടി പറയുന്നു എന്ന് വെച്ചാൽ ഈ അധ്യാസം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ് രജിയുടെ സർപ്പത്തെ കാണുക എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണം പറയുകയാണ് ഉച്ചതിരൂ പരത്രം അവസംന്ന് പറയുന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നു അവസന്നോ അവഭാസ ശബ്ദത്തിന് രണ്ടു തരത്തിലുള്ള അർത്ഥം പറയാം അവസന്നോ ഭാസാസോ അവ അവബാസഹ് അവസന്നുള്ള നിഷ്ഠാന് അവസന്ന ഔമതോ അത് തന്നെ അതാണ് അടുത്ത് പറയുന്നത് പ്രത്യാന്തര ബാധസ്ഥ അത് അവസാദോ അവമാനോവ ഇവിടെ അവസന്നം അല്ലെങ്കിൽ അവമതം എന്ന് പറഞ്ഞ അർത്ഥം ഒന്ന് എന്താണ് പ്രത്യാന്തര ബാധ മറ്റൊരു പ്രത്യയം ജ്ഞാനം കൊണ്ട് ബാധിക്കുക ശക്തിയിൽ രജതജ്ഞാനം ഉണ്ടായി അതിനെ പ്രത്യാന്തരം രജതജ്ഞാനം കൊണ്ട് എന്തു ചെയ്യുന്നു ബാധ ബാധിക്കുന്നു എന്തിനെ ബാധിക്കും ശക്തിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു ബാധിക്കുന്നു എന്തിനെ രചതജ്ഞാനത്തെ ഇതിനൂടെ പറഞ്ഞിരിക്കുന്നത് എന്ത് അവസന്ന അല്ലെങ്കിൽ അവമത അത് പമനികാരൻ തന്നെ വ്യാഖ്യാനിച്ചു പ്രത്യാന്തര ബാധ മറ്റൊരു പ്രത്യേകം പ്രത്യാന്തരം മറ്റൊരു പ്രത്യേകം അതുകൊണ്ടുള്ള ബാധയാണെന്ത് അവസാദിൽ അവമാനം എന്ന് പറയുന്നു അവസന്നഹ അതാണ് അവസാദം എന്ന് പറഞ്ഞു അവമത അതാണ് അവമാനം എന്ന് ർപ്പത്തെ രജ്ജുജ്ഞാനം കൊണ്ട് ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് രജ്ജു സർപ്പം മിഥ്യയാണ് ഭ്രാന്തിയാണ് ഏതാ വധാ മിഥ്യാജ്ഞാനം ഇത്യുക്തം ബോധി അവഭാസ എന്ന് ഒറ്റ പദം കൊണ്ട് തന്നെ എന്താണ് മിഥ്യാജ്ഞാനം എന്നുള്ള അർത്ഥം കിട്ടിക്കഴിഞ്ഞു സർപ്പജ്ഞാനം ബാധിക്കുന്നു അതുകൊണ്ടത് മിഥ്യാജ്ഞാനമാണ് രജിതജ്ഞാനം ബാധിക്കുന്നു അതുകൊണ്ടത് മിഥ്യാജ്ഞാനമാണ് നേതാവതായി ഒരു പദം കൊണ്ട് അവസന്നോ തോന്നു പറയുന്ന ഈ പദം കൊണ്ട് തന്നെ എൻ്റെ മിഥ്യാന്നൊന്ന് പറഞ്ഞു വരുന്നു തസ്സീതം ഉപവ്യാഖ്യാനം അതിന്റെ വിസ്തൃതമായ വ്യാഖ്യാനമാണ് ഇനി പറയുന്നത് ഈ പറയുന്ന ഈ ലക്ഷണം ഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ പഴയ ആചാര്യന്മാർ ശങ്കരായർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബോദ്ധന്മാരും താർക്കികന്മാരും ഒക്കെ പറഞ്ഞത് തന്നെ അത് തന്നെയാണ് പറയുന്നത് അതിന്റെ വ്യാഖ്യാനമാണ് അതായത് എന്താണ് അത്യാസത്തിന്റെ ലക്ഷണം അവഭാസ ഇത്രയും പിന്നെ അതിന്റെ വ്യാഖ്യാനമാണ് എന്തോ സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ട ഇത്രയും അത്രയില്ലെങ്കിലും ലക്ഷണമാകുമെന്നാണ് കാരണം അഭ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ മതി അവഭാസം എന്ന് പറഞ്ഞാൽ അതാണ് ഭ്രാന്തി പിന്നെ പൂർവ്വദിഷ്ടാവഭാസൊക്കെ പറയുന്നു പൂർവ്വദിഷ്ട അവഭാസോ പൂർവ്വദിഷ്ടാവഭാസോ മുൻപ് അറിഞ്ഞതിൻ്റെ അനുഭവം അല്ലെങ്കിൽ മുമ്പ് കണ്ടതിൻ്റെ അനുഭവമാണ് പൂർവ്വദിഷ്ടാവഭാസം അപ്പോൾ അതുകൊണ്ട് എന്താ വിശദീകരിക്കുന്നത് പൂർവദൃഷ്ട്രഹണേന അനൃദം ആരോപണീയം മിഥ്യപ്രത്യം മിഥ്യബോധം ശുക്തിരച തന്നെയാണ് അതാണ് മിഥ്യാപ്ര അതിന് ആരോപവി എവിടെയാണോ ആരോപണം നടക്കുന്ന സ്ഥാനമാണ് ആരോപണവിഷയം എന്ന് വെച്ചാൽ ആരോപണത്തിന്റെ അധിഷ്ഠാനം ആരോപണത്തിന്റെ അധിഷ്ഠാനവും ആരോപണീയം എന്തിനാണോ ആരോപിക്കുന്നത് അത് ആരോപണീയം ശുക്തി രചത്തെ കാണുമ്പം ആരോപവിഷയുമായി ശുക്തി രചിതം ഇതിന്റെ മിഥുനം ഇതൊന്നാകുക രണ്ടെണ്ണം ഇതുകൂടാതെ മിഥുന മന്ദ്രേണന ഭവതി എന്ത് സംഭവിക്കില്ല മിഥ്യാപ്രത്യം രണ്ടുമൊന്നാകും ഇതി പൂർവധിഷ്ഠ ഗ്രഹണേന അതുകൊണ്ട് അത് അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അധിഷ്ഠാനവും ആരോപും തമ്മിലുള്ള ഒന്നാകൽ കൂടിച്ചേരൽ കൂടിച്ചേരൽ എന്നുള്ളതാണ് മിഥുനമെന്ന് പറയുന്നത് അതുകൂടാതെ മിഥ്യാജ്ഞാനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇവിടെ പൂർവദിഷ്ട ഗ്രഹണേന അനഴിതം ആരോപണീയം ഉപസ്ഥയാ പൂർവദിഷ്ടം എന്നുള്ള ശബ്ദം കൊണ്ട് ആരോപണീയം ആരോപിക്കുന്ന വസ്തു രചിതം അനഴിതമാണെന്ന് സ്ഥാപിക്കുന്നു വ്യാഖ്യാനിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കുന്നു പൂർവ്വദിഷ്ട ശബ്ദം കൊണ്ട് മനസ്സിലാക്കണം ആരോപിക്കുന്നത് എന്താണ് അസത്യമാണോ അനൃതമാണോ തസ്തിഷ്ടത്വം മാത്രം ഉപയോഗിതേ എന്ന വസ്തു ദുഷ്ടഗ്രഹണം പിന്നെ ഈ ആ പൂർവമായി കണ്ട വസ്തു അത് സത്യമായിരിക്കണമെന്നില്ല അതിനെ കണ്ടാൽ മതി സത്യമായിരിക്കേണ്ട ആവശ്യം ഇല്ല എന്തിനോ കണ്ടു രചത്തെ കണ്ടു ഇവിടെ ഇപ്പൊ ആരോപിക്കുന്നു ശക്തി അപ്പൊ മുമ്പ് കണ്ടു എന്ന് പറഞ്ഞാൽ സത്യമായി പരമാർത്ഥമായി കണ്ടു എന്നല്ല മുമ്പ് കണ്ടു അത്രേ തന്നെ അത് പാരമാർത്ഥിക സത്വമല്ല ഇല്ല വ്യവഹാരിക സത്തയുണ്ട് എന്നാലും മിഥ്യാണ് തസ്യച ദുഷ്ടത്വം മാത്രം ഉപയോഗിച്ചതേ കണ്ടു അത്രേയുള്ളൂ പിന്നെ വസ്തുസത്ത അത് പരമാർത്ഥത്തയല്ല എന്ന് മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ദുഷ്ടഗ്രഹണം ഉപയോഗിച്ചു വെച്ചാൽ ഭ്രാന്തിക്ക് എന്താണ് മുമ്പ് കാണുന്നത് പരമാർത്ഥമായിരിക്കണമെന്നില്ല കണ്ടാൽ മതി തഥാപി വർത്തമാനം ദുഷ്ടം ദർശനം എന്നാരോപിപ്പിക്കുക ഇത് പൂർവീത്യം അത് പക്ഷേ ശുക്തി രഹിതത്തെ കാണുന്ന ആരോപിക്കണമെങ്കിൽ അത് ആദ്യം കാണുന്നതായിരിക്കാൻ പാടില്ല മുമ്പ് കണ്ടിരിക്കുന്നു ഇപ്പം ഇപ്പം വർത്തമാനത്തിൽ കാണുന്നതല്ല ഇപ്പ കാണുകയല്ല ശക്തിയുടെ രഹിതത്തെ പിന്നെയോ ശക്തിയുടെ രഹിതത്തെ മുമ്പ് കണ്ടിരുന്നു മുമ്പ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പം വീണ്ടും അതിൽ ആരോപിക്കുകയാണ് അതിനുവേണ്ടിയിട്ടാണ് കൂടെ ഏ ശബ്ദം ഉപയോഗിച്ചത് പൂർവം ം ദർശനം വർത്തമാനക്കാഴ്ച എന്ന ആരോപ ഉപയോഗിക്കാം അത് ആരോപിക്കുന്നതിന് ഉപകരിക്കത്തില്ല ഇരി പൂർവത്യുക്തം അതുകൊണ്ടെന്താ മുമ്പ് കണ്ടിരിക്കണം എന്നാ ഇപ്പൊ ആരോപിക്കും പൂർവദിഷ്ട സ്വരൂപേണ സി ആരോപണീയതയാ അനുവാചം ഇരി പൂർവദിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് സത്താണെങ്കിലും സ്വരൂപസത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാവഹാരിക സത്താണെങ്കിലും മുമ്പ് കണ്ട രചിതം വ്യാവഹാരികമായി സത്താണെങ്കിലും ബ്രഹ്മജ്ഞാന ജ്ഞാന അപാധ്യത്വം ആണ് വ്യാവഹാരിക സത്വം ബ്രഹ്മജ്ഞാന ജ്ഞാനഅബാധ്യത്വം ബ്രഹ്മജ്ഞാനം അല്ലാതെ വേറെ ഒരു ജ്ഞാനം കൊണ്ടും ഏത് ഏതാണ് നിമ്പുകണ്ട രജതം നിമ്പുകണ്ഠരജതം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം അല്ലാതെ ഒരു ജ്ഞാനം ബാധിക്കില്ല ശക്തി കാണുന്ന രചതോ ബ്രഹ്മജ്ഞാന ഇതരജ്ഞാന ബാധ്യമാണ് ആണ് ബ്രഹ്മജ്ഞാന ഇതരജ്ഞാന ബാധ്യമെന്ന് പറഞ്ഞാൽ എന്താ ശുദ്ധിജ്ഞാനം ബ്രഹ്മജ്ഞാനം ഇതരജ്ഞാനം അതുകൊണ്ട് ബാധിക്കപ്പെടുന്നു അല്ലാണ്ട് നമ്മുടെ വ്യത്യാസം മുമ്പ് കണ്ട വ്യാവഹാരിക സത്തയുള്ള രഹിതമെന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മജ്ഞാനഇതരജ്ഞാന ബാധ്യമാണ് പക്ഷെ ഇവിടെ കാണുന്ന രഹിതമാണെങ്കിലോ ബ്രഹ്മജ്ഞാനഇതരജ്ഞാന ശുദ്ധിജ്ഞാന ബാധ്യമാണ് ത്ര പൂർവ്വദിഷ്ടം മുമ്പ് കണ്ടത് സ്വരൂപേണ സി വ്യാവഹാരിക സത്ത ഉള്ളാണെങ്കിലും ആരോപണീയതയ അനർവാച്യം അതും ആരോപണീയമാണ് ആരോപിക്കപ്പെട്ടതാണ് ഇവിടെ ബ്രഹ്മത്തിൽ പഴയതിൻ്റെ കാര്യം പറയാൻ ബ്രഹ്മത്തിൽ ആരോപിച്ചതാണ് അതുകൊണ്ട് അനുവാച്യം ർഥം അതിന് അനർഥം എന്ന് വെച്ചാൽ അണിർവാച്യമാണ് അല്ലാതെ അനർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മന്ധ്യാപുത്രണം നല്ല പിന്നെയോ അപ്പൊ ഇവിടെ എന്തായി ദേഹേന്ദ്രിയാദികളെല്ലാം അണിർവാച്യമാണെന്ന് ശ്രദ്ധിച്ചും മുമ്പ് കണ്ടിട്ടുള്ളതാണ് വീണ്ടും ആരോപിച്ചിരിക്കുന്നു അർത്ഥം വീണ്ടും ഒരുപക്ഷണം പരത്രപൂർവദിഷ്ടൌഭാസം അതിവ്യാപകത്വ പരത്ര പൂർവദിഷ്ട ഔപാസ എന്നാണോ ലക്ഷണം പറഞ്ഞത് ആരോ വിഷയം സത്യമാഹ ആരോപിഷയെന്ന് പറഞ്ഞാൽ എന്താണ് ആരോപത്തിന്റെ അധിഷ്ഠാനം അത് സത്യമാണ് ഏത് ശക്തി അല്ലെങ്കിൽ ബ്രഹ്മം അത് സത്യമാണ് പരത്തിയുടെ അർത്ഥം പറയണം പരത്ര പൂർവദിഷ്ടോ പരമാർത്ഥസതിന് സത്യാനുധമിഥനം ഉക്തം പരത്ര ശുക്തി കാതു പരമാർത്ഥസത്ത് വെച്ചാൽ വ്യവഹാരിക സത് അങ്ങനെയൊക്കെ ഭാഷയിൽ ഉപയോഗിക്കും പരമാർത്ഥസല്ല വ്യാവഹാരിക സത്വാണ് പിന്നെന്താണ് രജതത്തെ അപേക്ഷിച്ച് പരമാർത്ഥം അതുകൊണ്ടാണ് ഇവിടെ പരമാർത്ഥ സത്വം പറഞ്ഞത് പരത്ര എന്ന് വെച്ചാൽ ശുദ്ധികാതി വ്യവഹാരിക സത്യം ഉള്ളെടുത്ത് പൂർവദിഷ്ടമായ രജിതത്തിന്റെ അവകാശം ഭ്രാന്തി അതാണ് പരത്ര ശുദ്ധികാതു പരമാർത്ഥസതി തതനേന സത്യാന മിഥുനം ഉപ്തം അപ്പോ ഇത്രയും കൊണ്ട് എന്ത് പറ സത്യാനുത മിഥുനം പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് ഇവിടെ ആനൃതം എന്ന് വെച്ചു കഴിഞ്ഞാൽ വന്ധ്യാപത്തിനല്ല പിന്നെയോ എന്താണ് അനിർവാച്യമാണ് അതാണല്ലോ നേരത്തെ ചോദിച്ചത് ശരീരാ ഇന്ദ്രിയാദികളെല്ലാം അസത്താണ് വന്ധ്യാപത്തിനെ പോലെ അതിനെങ്ങനെ ആരോപിക്കുമെന്ന് ചോദിച്ചു അതിന് മറുപടി പറഞ്ഞാണ് ശരീര ഇന്ദ്രിയാദികളൊന്നും എന്തല്ല അത് അനിർവാച്യമാണ് അതുകൊണ്ട് തന്നെ ആരോപിക്കാം അതാണ് അപ്പോ എന്താണ് സത്യ അടുത്തവും തമ്മിലുള്ള മിഥുനം രണ്ടും കൂടിച്ചേരുക എന്ന് പറയുന്നത് ശരിയാകും ഉം പൂർവപക്ഷ സിദ്ധാന്തവും മാറി മാറി വരും ഈ പറഞ്ഞ സിദ്ധാന്തം ഏത് തതനീന സത്യാനം ഈ സിദ്ധാന്തം പറയുന്നു അതിന്റെ മുമ്പിൽ പൂർവപക്ഷി ചോദ്യം ചോദിച്ചു ഓരോന്നോരോന്നായിട്ട് അനുവാചിത്യ അനർദം അത് സിദ്ധാന്തം ആരോ വിഷയം സത്യമാ സിദ്ധാന്തം ഈ സിദ്ധാന്തം ആദ്യം ചോദ്യം ചോദിച്ചത് എന്താണ് പൂർവചി ൂവണ്ണം പൂർവ്വാക്ഷം പരത്ര പൂർവ്വദിഷ്ട അവഭാസം അതിവ്യാപകത്വ നിങ്ങളെന്താ പറഞ്ഞത് പരത്ര പൂർവ്വദിഷ്ട അവഭാസ ഇതാണല്ലോ ലക്ഷണം പറഞ്ഞത് ഈ ലക്ഷണത്തിന് അതിവ്യാപ്തിയുണ്ട് അതുകൊണ്ട് അലക്ഷണം ഇത് ലക്ഷണമല്ല എന്തുകൊണ്ട് അസ്ഥിഹി സ്വസ്ഥിമത്യങ്കി പൂർവ്വദിഷ്ട ഗോത്വസ് പരത്ര കാലാക്ഷഭാസ ഒരു പശുവിന്റെ പേരാണ് സ്വസ്ഥിമതി വേരൊന്നിന്റെ പേരാണ് അപ്പൊ സ്വസ്ഥിമതിയിലുള്ള ഗോത്വം കാലാക്ഷിയിൽ കാണുന്നുണ്ട് ഇപ്പൊ പരത്ര രണ്ടാമത്തെ പശുവിനെ എടുക്കുക കാലാക്ഷി അതിലെന്തുണ്ട് പൂർവദിഷ്ട ഒന്നാമത്തെ പശുവിനെ എടുക്കുക സ്വസ്ഥിമതി അതിനുള്ള ഗോത്വത്തിന്റെ അനുഭവം രണ്ടാമത്തിയിലുണ്ട് അപ്പൊ ഈ ഗോത്വാനുഭവം ഭ്രാന്തിയാണോ ഒരു പശുവിൽ ഇരിക്കുന്ന ഗോത്വത്തെ വേറൊരു പശുവി കൊണ്ടു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാവും രണ്ടിനും ഗോത്തു ഉള്ളത് കൊണ്ട് ഭ്രാന്തി നിങ്ങളെന്താ പറഞ്ഞു പരത്ര പൂർവ്വദിഷ്ട അവഭാസ അതിവിടെ ഉണ്ടല്ലോ ഒരു പശുവിൽ വേറൊരു പശുവിൽ ഇരിക്കുന്ന ഗോത്വ അനുഭവം പരത്ര പൂർവ്വദിഷ്ട അവഭാസ ഭ്രാന്തി എന്ന് ഇവിടെ ഇത് ഭ്രാന്തിയാണ് ഭ്രാന്തി അല്ലാത്തടത്ത് ഭ്രാന്തിയുടെ ലക്ഷണം പോയാൽ ദോഷം വരും അതിവ്യാപ്തി ആണ് അസ്ഥിഹി സ്വസ്ഥിമത്യാംകവി സ്വസ്മതി എന്ന് പറയുന്ന പശുവിൽ പശുവിന്റെ പേരാണ് പൂർവദിഷ്ട സ്വസ്ഥിമതി കണ്ട ഗോത്വ പരത്ര കാലാക്ഷ്യാം രണ്ടാമത് കണ്ട കാലാക്ഷി അനുഭവം ഭ്രാന്തി അല്ല ഭ്രാന്തിയുടെ ലക്ഷണം പോയി അതിവ്യാപ്തി ഇത് മാത്രമല്ല ഇനിയുമുണ്ട് പാടലിപുത്രയെ പൂർവ്വദുഷ്ട ദേവദത്ത പരത്രമായുഷ്മാസീ പാടലിപുത്രം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് അവിടെ ആരെ കണ്ടു ദേവദത്തനെ പിന്നെ അവനെ ഇവിടെ കാണുന്നു മായുഷ്മതിയിൽ കൊല്ലത്ത് കണ്ടവനെ വർക്കല കാണുന്നു അപ്പോൾ കൊല്ലത്ത് കണ്ടവന് വർക്കല കണ്ട എന്താ ദോഷം പൂർവ്വദുഷ്ട കൊല്ലത്ത് കണ്ടവനെ പരത്ര വർക്കലയിൽ കാണുന്നു ഇതെന്താ ഭ്രാന്തിയാണ് പ്രത്യജ്ഞയാണ് സമീചമാണ് ഇവിടെയൊന്നും ഭ്രാന്തിയില്ല അപ്പൊ നിങ്ങള് പറഞ്ഞ എന്താണ് പരത്ര പൂർവ്വദിഷ്ടാവകാസഭ്രാന്തി എന്നാണ് ഭ്രാന്തി ഇല്ലല്ലോ അപ്പൊ അതിവ്യാപ്തിടലിപുത്ര പാടലിപുത്രത്തിൽ പൂർവദിഷ്ട ദൈവദത്ത പരത്ര മാഹിഷ്മാസ മാഹിഷ്മ പ്രതീതിയുണ്ട് ഇത് സമീചീനമാണ് യഥാർത്ഥമാണ് എന്ന് പറയും അതുകൊണ്ട് അതിവ്യാപ്തി പക്ഷെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞു അവഭാസം എന്ന് പറയുന്ന ഒറ്റ പദം കൊണ്ട് തന്നെ എന്താണ് ഭ്രാന്തി എന്നുള്ള അർത്ഥം കിട്ടിക്കഴിഞ്ഞു അപ്പൊ പരത്ര പൂർവ്വതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് അവഭാസം എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തി എടുക്കാൻ പാടുള്ളൂ അപ്പൊ അതിവ്യാപ്തിന്റെ പരത്ര പൂർവ്വതിഷ്ഠമായ ഭ്രാന്തി എടുക്കുക അപ്പൊ ഗോത്വത്തിനെടുക്കണ്ട ദേവതത്തിനെടുക്കണ്ട അപ്പൊ അതിവ്യാപ്തി ഉണ്ട മുമ്പ് പറഞ്ഞ അനുസരിച്ച് അവഭാസ്യബ്ദത്തിന് ഭ്രാന്തി എന്നുള്ള ദോഷമില്ല അതിന് സമാനം പറയുന്നു ഔഭാസപദം സമീച പ്രസിദ്ധം അവഭാസം എന്ന് പറയുന്ന ശബ്ദം ഭ്രാന്തിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥ ജ്ഞാനത്തിന് ഉപയോഗിക്കുന്നു എവിടെ യഥാ നീലസ്യൌഭാസ പീതസ്യഔഭാസ നീലജ്ഞാനം ഗീതജ്ഞാനം എന്നെല്ലാം പറയുന്നിടത്ത് ഇവിടെ ഭ്രാന്തി എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നു അതുകൊണ്ട് വരത്ര പൂർവ്വദിഷ്ട അവപാസാന്ന് പറയുന്നത് അവബാസബ്ദത്തിന്റെ യഥാർത്ഥം ഞാനൊന്നാണ് ഇപ്പോ എന്ത് വരുന്നു നിങ്ങളുടെ ലക്ഷണത്തിന് അതിവ്യാപ്തി ദോഷമുണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളാണ് ഭിത്യഹ അതിന് സമാനം പറയുന്നു എന്താണ് സ്മൃതിരൂപ ആ ദോഷം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചേർത്തത് സ്മൃതിരൂപ അവിടെ ചേർത്താതിന്റെ ലക്ഷണം പൂർണ്ണമാകും സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ടാസ നിസ്മൃതിരൂപയുടെ അർത്ഥം പറയുന്നത് സ്മൃതേ രൂപം ഇവ രൂപമസ്യേസ്മൃതിരൂപ സ്മൃതേ രൂപം ഇവ രൂപമസ്യ സ്മൃതയൂപം ഇവ അവിടെ എന്ത് സന്ധ്യ ോ സ്മൃതേഹ രൂപം രൂപിച്ചു സ്മൃതി രൂപം സ്മൃതിയുടെ രൂപം ഇവ ഇവ രൂപമസ്യ സ്മൃതി രൂപം എന്ന് വെച്ചാൽ എന്താണ് സ്മൃതി രൂപം ഇവ രൂപമസ്യ സ്മൃതിയുടെ രൂപം പോലെയുള്ള രൂപത്തോടു കൂടിയ ചെയ്തു അതാണ് സ്മൃതിരൂപം അപ്പൊ ഇവിടെ പറയുന്ന എന്താണ് സ്മൃതി പോലെയുള്ള സ്മൃതി എന്നല്ല പറയുന്നത് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ സ്മൃതിയാണ് എന്താണ് ഒരു പശുവിൽ ഗോത്വത്തെ കണ്ട് വേറെ സ്ഥലത്ത് അതേ ഗോത്വത്തെ അറിയുമ്പോ അത് സ്മൃതിയാണ് അതില് സ്മൃതിയുടെ ഭാവമാണ് കൊല്ലത്ത് കണ്ട് ദേവതത്തിന്റെ വറക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവിടെ സ്മൃതിയുണ്ട് സ്മൃതി അനുശാതിയുണ്ട് ഇതങ്ങനെയല്ല സ്മൃതിയല്ല സ്മൃതി പോലെ സ്മൃതി രൂപമിവ രൂപമൂപം ഇവിടെ സ്മൃതി ശബ്ദവും രൂപ ശബ്ദവും തമ്മിൽ ഇവിടെ എന്താണോ സമാസം വന്നിരിക്കുകയാണ് അല്ലാതെ സ്മൃതി ശബ്ദത്തിൽ രൂപപ്രത്യം വന്ന് പ്രശംസായം രൂപ വന്നുള്ള സൂത്ര പോകാതെ സ്മൃതി ശബ്ദത്തിന് രൂപപ്രത്യം വന്നിട്ട് സ്മൃതിരൂപരാ ഘടരൂപ പടരൂപ എന്നൊക്കെ പറയുന്ന അങ്ങനെയല്ല ഘടരൂപം പടസ്വരൂപം ഇവിടെ അങ്ങനെയല്ല ഇവിടെ രൂപശബ്ദമാണ് വേറെ പ്രത്യമല്ല സ്മൃതി ശബ്ദവും രൂപ ശബ്ദം ചേർത്തിട്ടെന്ത് സപ്തം വിമാനപൂർവ്വ ലോകം പഠിച്ചാണ് ഗൗരി എന്നുവെച്ചാൽ എന്താണ് ഇത് സ്മൃതി പോലെയാണ് സ്മൃതിയല്ല മുമ്പ് കണ്ട സർപ്പത്തെ സ്മരിക്കുകയല്ല മുമ്പ് കണ്ട രജത്വത്തെ സ്മരിക്കുകയല്ല എന്ന സ്മരണ പോലെയാണ് അതുകൊണ്ട് അതിവ്യാപ്തില്ല എന്തുകൊണ്ട് അസന്നിഹിത വിഷയത്വഞ്ച സ്മൃതിരൂപത്വം സന്നിഹിത വിഷയത്വഞ്ച പ്രത്യവിജ്ഞാനം സമീചനവിധന അതിവ്യാപ്തി ഇവിടെ നേരത്തെ അതിവ്യാപ്തി രണ്ട് സ്ഥലത്ത് കാണിച്ചു ഗോത്വത്തിൽ മറ്റൊന്ന് ദേവദത്തന് ഈ ഗോത്വത്തെ സംബന്ധിച്ചെന്താണ് അവിടെ ഒരു പശുവിണ്ട് ഗോത്വത്തെ വേറൊരു പശുവിണുമ്പോ എന്താണ് അവിടെ എന്താണ് മുമ്പ് കണ്ട വിഷയമില്ല അവര് വേറെ ആണ് സ്മൃതിയെ സംബന്ധിച്ചപ്പോഴും എന്താണ് സ്മൃതിയുടെ വിഷയം മുമ്പിൽ കാണത്തില്ല പണ്ട് കണ്ടായിരിക്കും സ്മൃതിയുടെ പ്രത്യേകത ഇനി പ്രഥിഭിന്യയുടെ പ്രത്യേകത എന്താണ് അവിടെ എന്താണ് അവിടെ കാണുന്നത് മുമ്പിൽ തന്നെയുണ്ട് കാണുന്നത് എന്താണോ അത് മുമ്പിൽ ഉണ്ട് ഉള്ളതിനെ കാണുന്നു അപ്പം രണ്ടും സത്യമാണ് ഭ്രാന്തിയാണ് ഞാൻ കൊല്ലത്ത് കണ്ട ദേവത്തിന് ഇവിടെ കാണുമ്പോൾ ഞാൻ കാണുന്ന ദൈവതത്തെ തന്നെ മുമ്പിലുണ്ട് അതുകൊണ്ട് സത്യമാണ് വേറിടുത്ത് കണ്ട ഗോത്വത്തെ ഇവിടെ സ്മരിക്കുകയാണെങ്കിൽ അത് മുമ്പ് കണ്ട സത്യമാണ് സത്യമായ ഗോത്വത്തെ സ്മരിക്കും ഭ്രാന്തി അങ്ങനെയല്ല അത് മുമ്പ് കാണുന്നുണ്ട് പക്ഷെ അവിടെ വസ്തുവില്ല അതുകൊണ്ട് അത് ഭ്രാന്തിയാണ് സർപ്പത്തെ കാണുന്നുണ്ട് പക്ഷെ വസ്തുവോടെ ഇല്ല ഇതാണ് അസന്നിഹിത വിഷയത്വഞ്ച സ്മൃതിരൂപത്വം വിഷയം മുമ്പിൽ ഇല്ലാതിരിക്കുക സ്മൃതിയുടെ പ്രത്യേകത സന്നിഹിത വിഷയത്വഞ്ച പ്രത്യവിജ്ഞാനം വിഷയം മുമ്പിൽ നിലനിൽക്കുക എന്നുള്ളതാണ് പ്രത്യേകത സമീചീനമില്ല ഇത് രണ്ടും യഥാർത്ഥമാണ് അതിവ്യാപ്തി അതുകൊണ്ട് എന്താണ് ഭ്രാന്തിയുടെ ലക്ഷണത്തിന് അതിവ്യാപ്തി ഇല്ല അതിവ്യാപ്തില്ല യഥാർത്ഥമാണ് ഇനി ഭ്രാന്തിയുടെ ലക്ഷണം എന്താണ് സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ട ഉപാസ ഇതിൽ അവ്യാപ്തി ഉണ്ടോ അതുമില്ല നാപ്യവ്യാപ്തി അവ്യാപ്തില്ല എന്തുകൊണ്ട് സ്വപ്നം സ്മൃതിവിഭ്രമരൂപത്വാ ഉദാഹരണം എടുക്കുക ഭ്രാന്തിയായിട്ട് സ്വപ്നത്തെ എടുക്കുക സ്വപ്നം എന്ന് പറയുന്നത് എന്താണ് അത് ഭ്രാന്തിയാണ് അവിടെ ലക്ഷം സമ്ജയിക്കും എങ്ങനെ സ്മൃതിരൂപം സ്മൃതി രൂപം എന്ന് വെച്ചാൽ സ്മൃതി പോലെ സ്വപ്നത്തിൽ അച്ഛനെ കാണുന്നു സ്മരിക്കുകയല്ല പിന്നെ അത് സ്മൃതി പോലെയാണ് പരത്ര പൂർവ്വദിഷ്ട അവഭാസം സ്വപ്നത്തിൽ കാണുന്നു എവിടെ മുമ്പ് കണ്ട അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നു അത് ഭ്രാന്തിയാണ് യോജിക്കുന്നുണ്ട് സ്മൃതി പോലെയാണ് സ്മൃതിയല്ല സ്വപ്നജ്ഞാനി സ്മൃതി വിഭ്രമ രൂപ സ്വപ്നം എന്താണ് സ്മൃതിയെല്ലാം മറിച്ച് എന്താണ് സ്മൃതി വിഭ്രമമാണ് ഏവം രൂപത് ഏവം രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൃതിരൂപ ഫലത്രമാണ് തത്രാവി സ്വപ്നത്തിനും സ്മരിയമാണേ പിത്രാദോ അവിടെ എന്താണ് പിതാവിനെയും മറ്റും സ്മരിക്കുന്നുണ്ടെങ്കിലും അത് സ്മൃതിയല്ല വ്യത്യാസം പറയുന്നു ഉപപ്ലവശ നിദ്രാദോഷം കൊണ്ട് ഉപപ്ലവം ദോഷം നിദ്രാദോഷം കൊണ്ട് എന്ത് ചെയ്യുന്നു അസന്നിധാന അപരാമർശി അസന്നിധാനം അവരിവിടെ ഇല്ല എന്നുള്ള കാര്യം അപരാമർശി ഓർക്കുന്നില്ല സ്മരിക്കുന്നില്ല സ്വപ്നത്തിൽ അച്ഛനെ കാണുമ്പോ അച്ഛൻ എന്താ എന്റെ മുമ്പിലില്ല എന്നുള്ള കാര്യത്തെ സ്മരിക്കുന്നുണ്ടനെ കാണുന്നു ആന എന്റെ മുമ്പിലില്ല എന്നുള്ള കാര്യം സ്മരിക്കുന്നുണ്ട അവിടെ എന്താണ് അസന്നിധാന അപരാമർശമാണ് അസന്നിധാനം എന്ന് വെച്ചാൽ മുമ്പിലില്ലാതിരിക്കുക ആ പരാമർശം അതാണ് അസന്നിധാന അപരാമർശ അസന്നിധാന അപരാമർശമാണ് നടക്കുന്നത് തത്ര തനസ്ഥലത്ത് എന്തെന്തൊക്കെ കാണുന്നു അവിടെ എല്ലാം എന്താണ് പൂർവദിഷ്ട അവിടെ എന്ത് ചെയ്യുന്നു നുമ്പുക സന്നിഹിത ദേശകാല സമാർ നുമ്പുകണ്ട ദേശകാലങ്ങളെയൊക്കെ അവിടെ ആരോപിക്കുന്നു മുമ്പ് ഞാൻ അച്ഛനെ കണ്ടത് മുറ്റത്ത് വെച്ചാണെങ്കിൽ ഈ സ്വപ്നത്തിനെന്ത് ചെയ്യുന്നു മുറ്റത്തെ അവിടെ ആരോപിക്കുന്നു സ്വപ്നത്തിന് മുറ്റം കാണുന്നു മുൻപ് ഞാൻ അച്ഛനെ കണ്ടത് എന്താണ് അച്ഛൻ ജീവിച്ചിരുന്നത് അപ്പോൾ ഒരു വർഷത്തിന് മുമ്പാണെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു ആ കാലത്തെ ഒരു വർഷത്തിന് മുമ്പുള്ള ആ കാലത്തെ എന്തു ചെയ്യുന്നു സ്വപ്നത്തിൽ ആരോപിക്കുന്നു അപ്പോൾ സ്വപ്നത്തിലും ദേഷ്യവും കാലവും ഉണ്ട് സ്വപ്നത്തിലും അച്ഛനും ഉണ്ട് പക്ഷേ അച്ഛൻ ദേഷ്യം കാലം എല്ലാം പൂർവ്വമായി കണ്ടത് തന്നെയാണ് പക്ഷെ എല്ലാത്തിനും ഇവിടെ എന്ത് ചെയ്യുന്നു ആരോപിക്കുന്നു അപ്പോൾ പരത്ര ഇവിടത്തെ ദേശകാലങ്ങളിൽ പൂർവദിഷ്ട പൂർവദിഷ്ടമായ ദേശകാലങ്ങളും അച്ഛനും എല്ലാം എന്തു ചെയ്യുന്നു ആരോപിക്കുന്നു അതുകൊണ്ട് സ്വപ്നത്തിലെ അച്ഛനും സ്വപ്നത്തിൽ കാണുന്ന അച്ഛൻ എന്താണ് ഭ്രാന്തിയാണ് ലക്ഷ്മണോട് സമന്വയിക്കുന്നുണ്ട് ആണ് പൂർവ്വദിഷ്ട സന്നിഹിതദേശം അന്ന് കണ്ടപ്പോൾ അത് ായിരുന്നു എന്ന് പണ്ടച്ഛനും ഒരു വർഷം മുമ്പ് കണ്ടപ്പച്ഛൻ എന്തായിരുന്നു മുമ്പിലായിരുന്നു സന്നിഹിത ദേശകാലമായിരുന്നു പക്ഷെ ആ സന്നിഹിത ദേശകാലത്ത് ഇവിടെ ഇപ്പൊ ഉണ്ടോ ആ ദേശകാലം മുമ്പിലുണ്ടോ ഇല്ല ഇന്നെങ്കിലും ആരോപിക്കുന്നു എന്താ കാരണം ഇതിന് സംഭവിക്കുന്നതിന് നിദ്ര ഉപപ്ലവം ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ് ഉറക്കത്തിലാണ് ഉറക്കത്തിലാണിതൊക്കെ ോഷം കൊണ്ടാണ് സ്വപ്നം കാണുന്ന സ്വപ്നത്തിൽ ഉള്ള ആ അനുഭവം എന്ന് പറയുന്നത് ഭ്രാന്തി തന്നെയാണ് നിദ്രാദോഷം കൊണ്ട് സംഭവിക്കുന്ന സമാലോപേവം അത്ര ലക്ഷണം യോജനീയം പിന്നീത്രവ്യം ശുക്ലിമാനംപ്യേണ ീതം പപനീയകിണ്ടം പീതം വല്ലോഫലം ഇത്യാദോ പൂർവദിഷ്ടം സാമാനാധികം പീതത്വശങ്കോരാരോപ്യ ആഹ പീതശങ്കിക്തോ ഗുട്രയോ വ്യാഖ്യത എല്ലായിടത്തും ഈ ലക്ഷണത്തെ സമന്വയിപ്പിക്കണം